നിങ്ങളുടെ ഭാര്യമാർക്ക് മക്കളില്ലെങ്കിൽ അവർ അവശേഷിപ്പിച്ചതിൻറെ പകുതി നിങ്ങൾക്ക് ലഭിക്കും അവർക്ക് മക്കളുണ്ടെങ്കിൽ അവർ അവശേഷിപ്പിച്ചതിൽ നിന്ന് നാലിലൊന്ന് നിങ്ങൾക്ക് ലഭിക്കും അവർ നിർദ്ദേശിച്ച വസ്യത്തിനോ കടത്തിനോ ശേഷമായിരിക്കും ഇത് നിങ്ങൾക്ക് മക്കളില്ലെങ്കിൽ നിങ്ങൾ അവശേഷിപ്പിച്ചതിൽ നിന്ന് നാലിലൊന്ന് അവർക്ക് ലഭിക്കും നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ നിങ്ങൾ അവശേഷിപ്പിച്ചതിൽ നിന്ന് എട്ടിലൊന്ന് അവർക്ക് ലഭിക്കും നിങ്ങൾ നിർദ്ദേശിച്ച വസ്യത്തിനോ കടത്തിനോ ശേഷമായിരിക്കും ഇത് മാതാപിതാക്കളോ മക്കളോ ഇല്ലാതെ ഒരാൾ പുരുഷനോ സ്ത്രീയോ മരണപ്പെടുകയും അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് ഒരു സഹോദരനോ സഹോദരിയോ ഉണ്ടാവുകയും ചെയ്താൽ അവരിൽ ഓരോരുത്തർക്കും ആറിലൊന്ന് ലഭിക്കും അവർ കൂടുതൽ പേരാണെങ്കിൽ മൂന്നിലൊന്ന് അവർ പങ്കിട്ടെടുക്കും ദ്രോഹമില്ലാത്ത വസ്യത്തിനോ കടത്തിനോ ശേഷമായിരിക്കും ഇത് ഇത് അള്ളാഹു സുബഹാനഹൂവത്തായാലായായുടെ നിർദ്ദേശമാകുന്നു അള്ളാഹു സുബഹാനഹൂവത്തായാല എല്ലാം അറിയുന്നവനും ഏറെ സഹനശീലനുമാകുന്നു